അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പറയേണ്ട യാതൊരു കാര്യവും അല്ലല്ല ഞാൻ പറയും കാരണം എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യില്ലേ വ്യാകരണം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയും നിങ്ങളൊന്നും പരിഗണിച്ചിട്ടല്ല അങ്ങനെ നിങ്ങളായാലും മനസിലായോ അങ്ങനെ നിങ്ങളാരും ചിന്തിക്കേണ്ടത് ആ അത് പിന്നെ ഞാൻ പറയാം ഇതിന്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയതിന് ശേഷം അതിൻ്റെ തിരിച്ച് അതിലൂടെ ഒറ്റയടി അങ്ങ് തീർക്കാം സ്പീഡിൽ നിന്ന് കാരണം ശരിക്കും വ്യാകരണമാണ് കാരണം ശരിക്കും പഠിച്ചവർക്ക് അത് മനസ്സിലാവും പിന്നെ നിങ്ങള് വ്യാകരണ വിദ്യാർത്ഥികളുമാണല്ലോ അതുകൊണ്ട് നിങ്ങളങ്ങനെ പരിഗണിക്കാതിരിക്കുന്നു ശരിയല്ല ഇത് സ്ഥലങ്ങളുമ്പോട്ട് അപ്പോ അടുത്ത് പറയുന്നു ശ്രുതി അനുഗമാ ശ്രുതിയനുസരിച്ചും എന്താണ് ശ്രുതി പറയുന്നത് ബ്രഹ്മജിജ്ഞാസ ജിജ്ഞാസയുടെ കർമ്മം ബ്രഹ്മമാണെന്നാണ് ജിജ്ഞാസയുടെ കർമ്മം ബ്രഹ്മോ ജിജ്ഞാസ അവിടെ ഷഷ്ടി സമാസമാണ് പക്ഷെ ബ്രഹ്മണ എന്ന് പറയുന്ന ഷഷ്ടി കർമ്മണി ഷഷ്ടിയാണ് കാരണം കർമ്മത്തിൽ കർമ്മണി ദ്വിത പ്രകാരം ദ്വിതീയവിഭക്തിയാണ് വരേണ്ടത് പക്ഷെ കർത്തൃകർമ്മണോഹ കൃതി എന്നൊരു സൂത്രമുണ്ട് അതനുസരിച്ച് കർമ്മത്തില് ഷഷ്ടിയും വരാം അതുകൊണ്ട് ഇതിന്റെ സാര ഇത്രേയുള്ളൂ ഇത് ഈ പറയുന്നോണ്ട് വിജയിച്ച് പ്രത്യേകിച്ച് ഒന്നും മാറ്റമൊന്നും വരാനില്ല ഇത് ശേഷിയായാലും കർമ്മണി ഷഷ്ടിയായാലും അർത്ഥം ഒന്നു തന്നെ എന്താണ് ബ്രഹ്മം കർമ്മമാണ് അപ്പൊ ശേഷ ഷഷ്ടി എന്ന് പറഞ്ഞാൽ പൊതുവെ ബ്രഹ്മവുമായിട്ടുള്ള സംബന്ധത്തെ പറഞ്ഞിട്ട് അതിൽ കർമ്മത്തെ എടുക്കുന്നു കർമ്മണി ഷഷ്ടി എന്ന് പറഞ്ഞാൽ നേരിട്ട് കർമ്മ അർത്ഥം എടുക്കുന്നു ഇത്രയുള്ള വ്യത്യാസം പിന്നെ എന്തിനും വലിയ വാദപ്രതിവാദം നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്തിനാണ് ചുമ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല സംഗതി തോന്നിയെന്നെന്താണ് ബ്രഹ്മ ജിജ്ഞാസ നിർമ്മൽ ജിജ്ഞാസയുടെ കർമ്മമാണ് ശേഷശ്രേഷ്ഠിയായാലും കർമ്മണിഷ്ടിയായാലും അത് അത് ഇതിനൊന്ന് ഭാഷകാരനെ സമ്മതിക്കുന്നുണ്ട് എന്നാലും പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അവന് ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യും പഠിക്കുന്ന പണ്ഡിതന്മാരാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു രസമാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പഠിക്കുന്നു നമ്മളെ പോലെയുള്ള പാവങ്ങളാണ് വിഷമിക്കുന്നത് ശ്രുതിയും പറയുന്നെന്താണ് ഏതോ വായുമാനി ഭൂതാന് ജയന് ജാതാനി ശ്രുതി വിശ്രുതി എന്താ പറയുന്നത് ബ്രഹ്മമാണ് അറിയേണ്ടത് ജേയം ബ്രഹ്മമാണ് ജിജ്ഞാസയുടെ കർമ്മമായിരിക്കുന്നത് കർമ്മം എന്ന് വെച്ച ഓബ്ജെക്ട് ആണ് തിരിഞ്ഞു പോരത് കർമ്മം എന്ന് വെച്ച വർക്ക് എന്നുള്ള അർത്ഥത്തില്ല ഓബ്ജക്റ്റ് ആണ് എന്ത് ബ്രഹ്മം തദ് ജിജ്ഞാസസ്വ തദ് അവിടെയും പറയുന്നു അതാണ് നീ അറിയാൻ ആഗ്രഹിക്കേണ്ടത് അതാണ് ബ്രഹ്മം ഇത് പ്രത്യക്ഷമേവ ബ്രഹ്മണോ ജിജ്ഞാസാകർമ്മം ദർശി ദർശയേണ്ടി അപ്പൊ ശങ്കരാചാര്യര് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ദർശയേണ്ടി സമർത്ഥിക്കുന്നത് ശ്രുതിയെ വെച്ചും കൊണ്ടാണ് വേദത്തെ വച്ചും കൊണ്ടാണ് പറയുന്നത് എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വേദത്തിൽ എന്തു പറഞ്ഞോ തദ് ജിജ്ഞാസസ്സോ അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നു അത് തദ് എന്നിട്ടൂടെ പറഞ്ഞില്ലേ ബ്രഹ്മജിജ്ഞാസ ശ്രുതിയിൽ വന്നില്ലേജ്ഞാസസ്വട്ട് മധ്യഭിഷേകി അറിയാൻ ആഗ്രഹിക്കൂ ഇത് പ്രത്യക്ഷമേവ ബ്രഹ്മണോ പ്രത്യക്ഷം നേരിട്ട് തന്നെ ബ്രഹ്മണോ ജിജ്ഞാസ കർമ്മത്വരശു ജിജ്ഞാസ അതിന്റെ കർമ്മം ബ്രഹ്മമാണെന്നുള്ളത് നേരിട്ട് തന്നെ ശ്രുതി പറയും അതുകൊണ്ട് വിടെ കർമ്മണി ഷഷ്ടി എടുക്കണം ശേഷി ഷഷ്ടി എടുക്കാൻ പാടില്ല ബ്രഹ്മം കർമ്മമാണോ നേരിട്ട് ശേഷ ഷഷ്ടി എടുത്താലും കർമ്മമാണോ മനസിലായോ അതല്പം ഇന്നലെ ഞാൻ പറഞ്ഞതിന് വാക്ക് ഞാൻ ഉച്ചരിച്ചൊരു പിശവ് പിന്നീടാ ഞാൻ ആലോചിച്ചപ്പെടുത്തി അതിന്റെ വ്യത്യാസം പ്രധാനമല്ല ാണ് നിബർഹണം നിർബഹണന്ന് ഞാൻ പറഞ്ഞുബർഹിംസായ നിബർഹ പക്ഷെ പറഞ്ഞപ്പോ വയസായില്ലേ ചെലപ്പം അക്ഷരങ്ങളൊക്കെ മാറിപ്പോ അപ്പൊമാർക്കൊക്കെ പറ്റുന്നവര് കുഴപ്പമാണ് നിബർഹണോന്നാണ് അന്ന് എന്ന് പറഞ്ഞാൽ ശരിയാവും തോല്പിക്കുന്നു അപ്പൊ കൊഴപ്പം കൊഴപ്പ ഇന്നലെ പിടികട്ടില്ല ഇന്നും പിടികെട്ടിയില്ല എന്താ പറഞ്ഞപ്പോഴുമ്പോ പ്രത്യക്ഷമേവ ബ്രഹ്മണോ ജിജ്ഞാസാകർമ്മം ദർശയന്തിയുടെ കർമ്മമാണ് തച്ച കർമ്മി ഷഷ്ടി പരിഗ്രഹേ സൂത്രേണ അനുഗതം അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം കർമ്മണിഷ്ടി തെടുത്തു കഴിഞ്ഞാൽ സൂത്രത്തിനോട് യോജിക്കും ഏത് യോജിക്കും ശ്രുതി ശ്രുതി സൂത്രവുമായിട്ടത് പൊരുത്തം പൊരുത്തം വരണം ഇപ്പോ എന്താണ് ബ്രഹ്മണഹ എന്ന് പറയുന്ന കർമ്മണി ഷഷ്ടി എടുക്കണം ജിജ്ഞാസയുടെ കർമ്മമാണ് ബ്രഹ്മം തസ്മാ ബ്രഹ്മണയിൽ കർമ്മണി ഷഷ്ടി ഇതുവരെ വ്യാകരണമാണ് ബാമതിയിലും വ്യാകരണമാണ് ശാകരണം കൂടെ മുമ്പോട്ട് പോവാ കാരണം ബ്രഹ്മ ജിജ്ഞാസ ബ്രഹ്മണോ ജിജ്ഞാസ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാതുമ ജ്ഞാവബോധന എന്ന് പറയുന്ന ധാതു സൻ പ്രത്യം ഒന്നാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവഗതി പര്യന്തം ജ്ഞാനം സന്മാ ഇച്ഛായ അവിടെ ഇച്ഛ എന്ന് പറയുന്നു ഇച്ഛ അറിയുന്നതിനുള്ള ആഗ്രഹം അപ്പോ ആഗ്രഹം അതിനൊരു ചോദ്യം ചോദിക്കണം എന്തിനുള്ള ആഗ്രഹം അറിയുന്നതിനുള്ള അപ്പൊ ആഗ്രഹത്തിന്റെ കർമ്മം എന്തായി അറിവിന്റെ കർമ്മം എന്തായി ബ്രഹ്മം ഇത് കൃത്യമായി മനസിലാക്കണം ഇവിടെ പറയുന്നു ആഗ്രഹത്തിന്റെ കർമ്മം കർമ്മം എന്ന് വെച്ചാൽ ഒബ്ജക്ട് വ്യാകരണത്തിലെ കർമ്മമാണ് തെറ്റിപ്പോടെ എന്താണ് കർമ്മമാണ് ജ്ഞാനത്തിന്റെ കർമ്മമാണ് ഇത് ഈ ഞാന് ഇത് കൈതാസാശ്രമത്തിൽ ചോദിച്ച് ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രായമുള്ള സം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് കർമ്മി ഷെട്ടി വിജയശേഷി ഷെട്ടി കർമ്മ ഇതെന്താണ് സ്വാമി പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് ചർച്ച ചെയ്യണം സ്വാമിയുടെ പറഞ്ഞു ഞാൻ അത് ശരി വരാം നമുക്ക് ചർച്ച ചെയ്യണം എന്നിട്ട് ഞാനെന്ത് ചെയ്തു പിന്നെ വന്നു എന്റെ മുറിയിൽ വന്നു ഇദ്ദേഹം വന്നിരുന്നു ഞാനിതെല്ലാം വിശദീകരിച്ച് ഈ പറഞ്ഞ വ്യാകരണം മുഴുവൻ ബാമതിയാണ് പഠിക്കുന്നത് ഓർമ്മ എല്ലാം വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദിവ്യാനുസ്വാമി പറഞ്ഞപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാനങ്ങ് വിചാരിച്ചു എന്നിട്ട് ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ആത്മാർത്ഥമായി ഇതെല്ലാം അങ്ങ് വിശദീകരിച്ച് പുള്ളി എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയതിനു ശേഷം എന്റെ അപ്പുറത്ത മുറിയില്ല ഒരു ആചാര്യനുണ്ടായിരുന്നു പറ്റിയ സമയം ഇത് അവിടെ ഇരുന്നു ഇത് എന്നെ പറയുന്നു അപ്പൊ ഞാൻ പൊള്ളിയെടുത്ത് വെച്ച് എന്താ സംഭവം അതെ സ്വാമി പറഞ്ഞൊന്നും ഇങ്ങനെ മനസ്സിലായില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ അടുത്തൊന്നും ഞാനൊന്ന് പറഞ്ഞു കൊടുത്താണ് ഈഗോ കൊളിഞ്ഞാ അപ്പൊ അതിൽ നിന്ന് പഠിച്ച പാടോന്ന് ചോദിച്ചാൽ ഇത് ചിലർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല മനസ്സിലാകത്തില്ല ചിലർക്ക് ഇത് എത്ര പറഞ്ഞുകൊടുത്താലും മനസ്സിലാകത്തില്ല അതിന് തെളിവെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസം പുള്ളി വീണ്ടും എന്തെടുത്തു അവർ കുറച്ചുകൂടാവുന്ന വിശദീകരിച്ചാൽ നമുക്ക് എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് സമയമുണ്ട് ആ സ്വാമിയുടെ അടുത്ത് പോകാൻ ിട്ട് കാര്യമില്ല ചില സംബന്ധിച്ച് അങ്ങനെയാണ് അപ്പൊ ഇച്ഛയുടെ കർമ്മമാണ് ജ്ഞാനത്തിന്റെ കർമ്മമാണ് ഇതിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞ പോലെ സംഗതി അറിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ ഞാനോന്ന് പറയുന്നത് എന്താണ് അവഗതി പര്യന്തം ഞാനോ അമ്മ അവഗതി കൂടി ചേരുന്ന ഞാനോന്നാണ് അവഗതി പര്യന്തം എന്ന് പറഞ്ഞ അവഗതി വരെ എന്ന് പറഞ്ഞാൽ അവഗതി കൂടി ചേരുന്ന ഞാനോ അപ്പൊ ഞാനോ അവഗതിയും ഇവിടെ രണ്ടായിട്ടാ പറയുന്നത് മനസ്സിലാവുന്ന വരെ മനസ്സിലാകുന്നേ മനസ്സിലാകാത്ത ഞാനോണ്ടോ മനസ്സിലാവുന്നതും വരെ എന്താണോ ഇവിടെയാണ് വലിയ വ്യത്യാസം വരുന്നത് പലതരത്തിലും ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട് അവഗതി പര്യന്തം ജ്ഞാനം കാരണം അവഗതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാലും ജ്ഞാനം അപ്പം ജ്ഞാനപര്യന്തം ജ്ഞാനം എന്ന് പറഞ്ഞു ജ്ഞാനത്തെ അവിടെ ആവർത്തിച്ചിരിക്കണം അതാണ് ഒരാളിച്ഛിക്കുന്നതെന്നാണ് അപ്പോൾ ഇതിന് വ്യാഖ്യാനം ഇങ്ങനെ പറയുന്നത് ഞാനൊന്ന് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതി അനുസരിച്ചാണ് ഇന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ ഒന്നുമില്ല പഴയ കാലത്ത് എന്തെന്നും ഇതൊക്കെ വൈദികന്മാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന സംഗതികളാണ് ആർക്കു വേണ്ടിയല്ല ഉപനയനം ചെയ്ത് വേദാധ്യനം ചെയ്ത് വേദത്തിൽ നിന്ന് ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യ മനസ്സിൽ അങ്ങനെയുള്ളവരാണുള്ളത് ആരില്ല അവിടെ വേദാധ്യയനം ഉപനയനം ചെയ്യാതെ വേദാധ്യയനം ചെയ്യാതെ വേദത്തിൽ നിന്നും ബ്രഹ്മത്തെ കുറിച്ച് കേൾക്കാത്തവരില്ല ഇവിടെ അവരുദ്ദേശിച്ച പറയുന്നു മനസിലായോ അപ്പോ ഒരാള് ചെറിയ പ്രായത്തിൽ തന്നെ ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്യുമ്പോ അത് ത്രൈവർണികരാണ് അവരുദ്ദേശിച്ച ഈ പറയുന്നു അവരെ തന്നെയാണ് വിഷയം ഒരു ബന്ധമില്ല കടലും കടലാടിയും പോലെയുള്ള ബന്ധമാണ് ഇത് പഴയ ജാതി വ്യവസ്ഥ അനുസരിച്ചാണ് ഈ പറയുന്നത് അപ്പോ കാരണം ഇത് വേദത്തിന്റെ മുകളിലുള്ള വിചാരമാണ് േദത്തിന് അധികാരികളായിട്ടുള്ളവർക്ക് മാത്രമേ ഈ വിചാരത്തിനും അധികാരമുള്ളൂ അല്ലാത്തവർക്കില്ല മനസിലായ അതുകൊണ്ട് വേദാധ്യയനം ചെയ്ത് ബ്രഹ്മത്തെ കുറിച്ച് വേദത്തിൽ നിന്ന് വേദവാക്യങ്ങൾ കേൾക്കുമ്പോ ഉണ്ടാവുന്ന ജ്ഞാനം ആ ജ്ഞാനം ഉണ്ടാവുന്നതിന് ശേഷം അവർക്ക് പിന്നീട് എന്തുണ്ടാവുന്നു ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവുന്നു ബ്രഹ്മത്തെ അറിയുന്ന ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ ആ ജ്ഞാനത്തിന് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നീ ഭാമധികാരം പറയുന്നതിനനുസരിച്ചാണെങ്കിൽ അത് കഴിഞ്ഞ് അവന് സാധന സമ്പത്തി ഉണ്ടായി ഗൃഹലോകത്തിലും പരലോകത്തിലുമുള്ള വിരക്തി ഉണ്ടായി അവനെന്തെയെന്നു സന്യസിച്ച് സന്യാസിയായി അതിനുശേഷം അവനു ശ്രോണ മനനീതിയാസനങ്ങൾ അനുഷ്ഠിച്ച് അതുകൊണ്ട് അവനെന്ത് സംഭവിക്കുന്നു സാക്ഷാത്കാര സംഭവിക്കുന്നു ആ സാക്ഷാത്കാരത്തെയാണ് ഇവിടെ അപഗതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഭാഹുലികാരന്റെ വ്യാഖ്യാ ഇനി മുമ്പോട്ട് ഇതിനെ കുറിച്ചാണ് പറയുന്നത് അപഗതിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാണ് തൽക്കാലം ഭാമതീകാരന്റെ അഭിപ്രായം മനസ്സിലാക്കുക ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേദാധ്യനം ചെയ്തു കിട്ടുന്ന അപഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനം നിതിധ്യാസനം കഴിഞ്ഞൊരാൾക്കുണ്ടാകുന്ന സാക്ഷാത്കാരം അഖണ്ഡാകാര വൃത്തി അല്ലെങ്കിൽ വൃത്തിജ്ഞാനം എന്നു പറയും ഇത് ഭാമതീകാരന്റെ സിദ്ധാന്തമാണ് ഭാഷകാരന്റെ അല്ല അതുകൂടെ പറയും ഭാഷകാര അവഗതി പറയുന്നുള്ളത് എന്താണ് അഖണ്ഡാകാര വൃത്തിയെന്നൊന്നും ഭാഷകാരം ഒരിടത്തും വ്യാഖ്യാനിക്കുന്നില്ല ഇവിടെയല്ല ഒരിടത്തും വ്യാഖ്യാനിക്കും അഖണ്ഡാകാര വൃത്തി അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാലം പറയുന്നത് മനസിലായോ ഏർ മാല വൃത്തിയെ കുറിച്ച് ബാമതി കാലം പറയുന്നത് ഒരാളിങ്ങനെ ആദ്യം ബ്രഹ്മത്തെ കുറിച്ച് അറിഞ്ഞ് വേദത്തി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഇതിനെ കുറിച്ച് വേദം കേൾക്കുക എന്ന് പറയുന്ന ശ്രവണമാണ് കാരണം അന്ന് എഴുത്തുമായില്ലല്ലോ അത് കഴിഞ്ഞിട്ടെന്ത് ചെയ്യുന്നു ഈ ബ്രഹ്മത്തെ കുറിച്ച് അറിയാവുന്നുള്ള ഒരാളുടെ അടുത്ത് വേദം നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നത് ഉപാധ്യായന്മാരാണ് അവര് കണങ്ങണം കണങ്ങണന്ന് ഇങ്ങനെ പറയും മറ്റവർ കേട്ട് അതുപോലെ പറയും ഇത്രയുള്ളു കൂടുതലായിട്ടൊന്നും വിശേഷറിവൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ വേദം പഠിച്ചതിനു ശേഷം അവരെന്ത് ചെയ്യുന്നു ബ്രഹ്മത്തെക്കുറിച്ച് അതിന് കേട്ടതുകൊണ്ട് വിശേഷമായ ജിജ്ഞാസയുണ്ടായിട്ട് അവർ എന്താണ് ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നു ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാളിന്റെ അടുത്തു അവിടെ ചെന്നിട്ട് വീണ്ടും എന്തു ചെയ്യുന്നു അയാള് പറയുന്നു കേൾക്കുന്നു അതാണ് ചെറുപ്പണം അയാള് വീണ്ടും ബ്രഹ്മത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേൾക്കുന്നതാണ് ശ്രവണം എന്തുകൊണ്ട് കേൾക്കുന്നത് ശ്രവണമാകുന്നു അന്ന് എടുത്തതും അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കാറല്ല വേറൊരു വഴി ഇല്ല പിന്നെ ചിന്തിക്കുന്നു അതിനെ അത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കുക അല്ലെങ്കിൽ ആചാരം പറഞ്ഞുകൊടുക്കുന്ന രീതി ചിന്തിക്കാം പിന്നെ എന്തു ചെയ്യുന്നു അതിനെ നിര്ധ്യാസനം ചെയ്യുന്നെച്ചാൽ അതിനെ തന്നെ ധ്യാനിക്കുന്നു എന്തിനാ ബ്രഹ്മത്തെ ബ്രഹ്മത്തെ അറിഞ്ഞല്ലോ അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ചു വരുമ്പോ ഇപ്പോ ശ്രവണമെന്ന് പറഞ്ഞാലും മനസ്സിന്റെ വൃത്തികളാണ് എന്നുവെച്ചാ പഴയകാലത്ത് ഒരു കണക്കാക്കിയിരുന്നത് ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം പുസ്തകത്തിന്റെ അറിവെന്ന് പറഞ്ഞാൽ അതൊരു മനോവൃത്തിയാണ് മനസ്സിന്റെ ഒരു പരിണാമമാണ് അങ്ങനെ പണ്ട് മനസ്സിലാക്കിയിരുന്നു ഇപ്പൊ നമ്മള് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പല അറിവുകൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ ഈ അറിവുകൾ തന്നെ വൃത്തി പിന്നെ വിചാരം ചെയ്യുമ്പോഴും വീണ്ടും അത് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ധ്യാനിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുന്നു വ്യത്യാസമുണ്ട് അപ്പൊ മനസ്സിൽ ഒരറിവേ ഉള്ളൂ ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഒറ്റ അറിവേ ഉള്ളൂ അപ്പൊ ഇതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു എന്താ സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നെച്ച ഇതുവരെയും സംഭവിച്ചുകൊണ്ടിരുന്നത് ഏതുവരെ ശ്രവണം മനനം നീത്യാസനം ഇതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത് ബ്രഹ്മത്തെ കുറിച്ചുള്ള ഒരറിവാണ് ഈ അറിവിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചു പറയാത് പരോക്ഷ ജ്ഞാനാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷ ഞാനും അല്ല അറിവുണ്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു ബ്രഹ്മം ബ്രഹ്മം എന്നൊരു നമുക്കൊക്കെ അറിവില്ലേ പക്ഷെ ഈ അറിവെന്ന് പറയുന്നത് എന്താണ് ഒരു നേരിട്ടുള്ള അറിവല്ല ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഒരു ടോർച്ച് അടിച്ചതുപോലെയുള്ള ഒരു അറിവല്ല മനസിലായോ പിന്നെ ഇത് വേണമെങ്കിൽ പറയാം ഇവിടെ ഇരുന്നുകൊണ്ട് ഹിമാലയത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു ഹിമാലയത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു അപ്പൊ ഞാൻ ഹിമാലയത്തിൽ ചെന്ന് നേരിട്ട് കാണുമ്പോൾ എനിക്കുണ്ടാകുന്നത് അപരോക്ഷാണ് അതുവരെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മനോവൃത്തികളെല്ലാം പരോക്ഷം എങ്ങനെയാണ് എന്റെ പറയും ആര് പറയുന്നു ആരാ പറയുന്നു ബാമതികാര എല്ലാവരും ഇങ്ങനെയല്ല പറയുന്നു ബാമതികാരന്റെ അഭിപ്രായം ശ്രവണം മനനം നിരത്യാസനം മൂന്നിന് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികളെ എന്തുപറയും പരോക്ഷമായ ഞാനെന്നുവച്ചാ നേരിട്ടൊരറിവുണ്ട് അങ്ങനെ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടക്കെന്നൊരു ഞാനുണ്ടാവും ധിം എന്ന് വെടി പൊട്ടിയതുപോലെ അഹം ബ്രഹ്മാസ്മി എന്നൊരു ഞാനുണ്ടാകും ഇതെന്താണ് അപരോക്ഷം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അപരോക്ഷമായ ഞാനുണ്ടായ ണ്ടായി ക്ലെയിം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ കൊള്ളൂ അത് അല്ലാത്തവർക്കില്ല മനസിലായോ നിങ്ങൾക്കുമില്ല എനിക്കും ഇല്ല എന്തുകൊണ്ടില്ല എന്തുകൊണ്ടില്ല എനിക്കങ്ങനെ ഒരു ക്ലെയിമില്ല അപരോക്ഷമായ ജ്ഞാനം ബ്രഹ്മത്തെക്കുറിച്ചുണ്ടാവൂന്ന് പറയുന്ന ഒരു ക്ലെയിം എനിക്കില്ല നിങ്ങൾക്കാണെങ്കിൽ ഒരു ബോധമുണ്ട് ആർക്കാണോ അങ്ങനെ ഒരു ക്ലെയിം ഉള്ളത് അവർക്കെന്താകും അവരെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ് അപരോക്ഷമായൊരു ജ്ഞാനം ഉണ്ടാവുന്നത് അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും എന്നാൽ പൂർണ്ണമല്ല ഹിമാലയത്തിൽ ചെന്ന് കാണുമ്പോൾ ഹിമാലയം എന്നൊരു ജ്ഞാനം ഉണ്ടാകുമ്പോ ബ്രഹ്മത്തെ കണ്ടിട്ട് എന്ത് വരുന്നു അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടാകുന്നു ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്തെന്ന് ഈ ജ്ഞാനം ഈ പറയുന്ന നിർഗുണ നികാര നിരാകാര നിത്യശുദ്ധ ബുദ്ധമുക്തമായ ബ്രഹ്മമാണ് ആ വിഷയം ഖണ്ഡമായ ഭ്രമം അഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം പറഞ്ഞെന്താ എന്താണതിന്റെ അർത്ഥം ഒരാൾ പറയുന്ന വിവര കേട്ട് പറയുന്നു അതായത് അഖണ്ഡം എന്ന് പറഞ്ഞാൽ ജീവൻ ഈശ്വരൻ എന്നുള്ള ഖണ്ഡം ഭേദമില്ലാത്ത മനസ്സിലായോ അല്ലെങ്കിൽ പല ജീവന്മാരും ഭേദമില്ലാത്തത് അല്ലെങ്കിൽ ജീവനീശ്വരൻ എന്നുള്ള ഭേദമില്ലാത്ത അഖണ്ഡം അഖണ്ഡമായിരുന്ന ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ജ്ഞാനത്തിന് വൃത്തി എന്ന് പറയുന്നതാണ് അഖണ്ഡ ആകാര വൃത്തി അഖണ്ഡമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അഖണ്ഡമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വൃത്തി എന്ന് പറഞ്ഞ വൃത്തി എന്ന് പറഞ്ഞ ജ്ഞാനം ചോദ്യം എന്തായിരുന്നു ചോദിച്ചത് ഇപ്പൊ മനസ്സിലായോ ഇതാണ് അഖണ്ഡാകാരം ഇങ്ങനെ ഒരു ജ്ഞാനം നിങ്ങളിങ്ങനെ അഹംബ്രഹ്മാസ്മി അഹംബ്രഹ്മാസ്മിന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ അതും ശ്രവണം മനനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സംശയം ഇണ്ടാകും ഇരുന്ന് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ എന്നോ ഏതോ ഒരു സമയത്ത് ഒരു ഷോക്ക് അടിച്ചതുപോലെ ഉണ്ടായാൽ അതിനെ അഖണ്ഡാകാരം അപരോക്ഷ വൃത്തി എന്ന് പറയും സാക്ഷാത്കാരം എന്ന് പറയും പ്രത്യക്ഷം ഞാനും പറയും ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷം ഞാനൊന്നു പറയും ആ അതെ അതെ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ആര് പറഞ്ഞാലും ഇത് തന്നെ പറയുന്നത് അതെ ആര് പറഞ്ഞാലും സർവേ അത് വരെ അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടില്ല സ്വാമി ഇത് ഭിന്നലൊന്നും ഉണ്ടാകണേ അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ ഈശ്വര ജൈവ വേദന അഖണ്ഡാകാരമായ ബ്രഹ്മം ധ്യാനം ഒരു അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല ഓരോ മിന്നലെന്ന് പറയുന്നത് അതൊരു ഉദാഹരണം പറഞ്ഞത് അതായത് ഈ അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല മനസിലാകത്തോണ്ട് നമ്മുടെ കക്ഷി പറഞ്ഞ് അതൊരു മിന്നൽ പോലെ ആയിരിക്കും അതെന്താ ദോഷം മനസ്സിലായ അറിയാൻ വയ്യാത്തവര് കാരണം ഈ അഖണ്ഡാകാര എന്ന് പറയുന്നത് ഇതാർക്കാ ഉണ്ടായത് ആർക്കാണ് ഉണ്ടായത് മനസ്സിലായോ ബാലകൃഷ്ണ സാറിന് അഖണ്ഡഅ അഖണ്ഡാകാരം അത് വേറെ സാറ് പറയു അഖണ്ഡ ബ്രഹ്മത്തെ കുറിച്ചാണ് സാറ് പറഞ്ഞത് അഖണ്ഡ ബ്രഹ്മം ബ്രഹ്മ അഖണ്ഡമാണ് ബ്രഹ്മത്തെ സംബന്ധിച്ച് അഖണ്ഡമായ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധമാണ് അഖണ്ഡാകാര വൃത്തി ബ്രഹ്മ അഖണ്ഡം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ജീവ ഈശ്വര ഭേദമുണ്ടാക്കണം അതുകൊണ്ടാണ് അതിന അങ്ങനെയുള്ള അഖണ്ഡമായ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം ഒരാൾക്കുണ്ടാകും എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ക്ലെയിം ആണ് മനസിലായോ അങ്ങനെ ഒരു ബോധമുണ്ടായാൽ അതിനെ പറയുന്നതാണ് അഖണ്ഡാകാര വൃത്തിയു സോ മച്ച് മനസിലായോ ഇത് ആന്റെ അഭിപ്രായം ദാമതികാരൻറെ അഭിപ്രായം ഈ ദാമതികാരന് ഇങ്ങനെ ഒരു അഖണ്ഠാകാര വൃത്തി ഉണ്ടായോ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടുണ്ടായില്ല എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് ഞാൻ ഉറപ്പിച്ചു പറയാ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ആ അതായത് പുള്ളിക്ക് എന്ന് വെച്ച പുള്ളി നിരന്തരം ഇത് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നേ എന്ന ഈ പറയുന്ന ആ ബ്രഹ്മസ്മിന്ന് ഇങ്ങനെ നിര്ത്യാസനം ചെയ്തോണ്ടിരിക്കാ സമയം കിട്ടിയില്ല സമയം കിട്ടത്തില്ലല്ലോ അദ്വൈതത്തിന് വ്യാഖ്യാനം വഴി ന്യായത്തിന് വ്യാഖ്യാനം വഴി യോഗത്തിന് വ്യാഖ്യാനം വേണ്ടി പുള്ളി വ്യാഖ്യാനം എഴുതാത്ത ഒന്നുമില്ല ഒരു മനുഷ്യന്റെ ആയുസിലിത്രയും വ്യാഖ്യാനങ്ങൾ എഴുതുന്ന നോക്കി അത് വേറെ ഒന്നിനു സമയം കിട്ടത്തില്ല അപ്പോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല അപ്പൊ ഇത് എഴുതി വയ്ക്കുന്നതിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു പുള്ളി ഒരിടത്തും അവകാശപ്പെടുന്നുണ്ട് എനിക്ക് അഖണ്ഠാകാര വൃത്തി ഉണ്ടെന്നൊന്നും ഒരിടത്തും പറയുന്നില്ല ഇങ്ങനെ ഒരു അഖണ്ഡാകാര വൃത്തി ഉണ്ടാവും ഇന്നത്തെ നമ്മുടെ എന്താണ് ലൊക്കട സ്വാമിമാരാണ് പറഞ്ഞോണ്ടത് നാട്ടിലെ മതപ്രഭാഷണം അല്ലാതെ ഭാവുമതികാരം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വൃത്തിയുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു വൃത്തി ഉണ്ടാവൂന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ആര് ഭാവതി പറയാൻ പറ്റത്തുമല്ലോ കാരണം പുളിയുടെ പണി വേറെ ആയിരുന്നു എഴുത്തും വായനയും പടനുമായിരുന്നു എഴുത്തും വായനയും പടനുമായിട്ട് അടക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു വൃത്തി ഉണ്ടാകാനും പോകുന്നില്ല കാരണം അവർക്ക് സമയമില്ലാത്തൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു അഖണ്ഡാകാര വൃത്തി ഒരാൾക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്ലെയിം ഉണ്ടാകുമോ ഇല്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റില്ല ഒരാൾ പറയുന്നു അഖണ്ഡാകാര വൃത്തി സാക്ഷാത്കാരം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഉണ്ടായാത്ത പറയുന്നതന്നെ ഒരു ക്ലെയിമിനെ നമുക്ക് സ്പ്രൂട്ടണൈസ് ചെയ്യാൻ പറ്റത്തില്ല ശരിയാണോ തെറ്റാണോ ഉം ഞാനിപ്പം പറയാണ് ഞാൻ കുട്ടിച്ചോദ്യം കണ്ടെന്നോണ്ട് ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ വരാനായിട്ട് കണ്ടിച്ചില്ല ഏനോ പ്രാക്ടീസ് എന്തൊന്നും അതെനിക്കില്ല ഈ ചോദിച്ചെന്താണ് അത് വേറെ അയാളെ ചോദിക്കാം ഇതൊക്കെ കടുത്ത ചോദ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല എന്താണ് നിങ്ങൾക്കൊള്ളും മനസിലായ ചോദിച്ചത് ആർക്കും മനസിലാകത്തില്ല കടുത്ത സംഗതികളാണ് ഈ യൂട്യൂബാണ് നിരന്തരം അത് കണ്ടോണ്ടല്ല വാക്കുകളൊക്കെ കിട്ടും അവിടെ ഇല്ല ഇല്ല ഇതൊക്കെ ഇല്ല സമാധി വന്നിരുന്നു ഭക്തന്മാരെ വിളിച്ചിരിക്കും പറയുന്നതാണ് അവരന്ധ വീട്ടുകളിലേക്ക് പോകും ഞാൻ കണ്ടിട്ടുണ്ട് അവര് അങ്ങോട്ട് കിടക്കുന്ന സ്വാമി ഇങ്ങോട്ട് വലിക്കാണ് അവര് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങി പോവാണ് സ്വാമി പറയുന്നത് ഇങ്ങോട്ട് പിടിക്കുകയാണ് അത് നടക്കട്ടെ ഓരോരുത്തരുടെ അനുമാ അപ്പൊ ഇതാണ് അഖണ്ഡാകാരൃത്തി അത് ഭാമനികാരന്റെ അഭിപ്രായം പിന്നെ നേരത്തെ ചോദിച്ചല്ലോ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു മീൻ ബൈ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞാൽ എന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് ഉദ്ദേശിക്കുന്നത് എന്താ നീഡ് എക്സ്പ്ലനേഷൻ അതായത് ഇതിനെ കുറിച്ചും പറയാം എന്റെ സ്വന്തം എക്സ്പ്ലനേഷൻ മതി ഗുരുതരം പറയുന്നു ഇങ്ങനെ പറഞ്ഞല്ലോ കൺവിൻഷന്നും പറയുന്നു പറഞ്ഞാൽ ഉറപ്പെന്ന് പറഞ്ഞെന്താ കൊറുപ്പിന്റെ ഉറപ്പെന്ന് പറയുന്നു നമ്മള് പറയുന്നതിനെ കുറിച്ച് നോക്കും ഉറപ്പ് വേണ്ട അതിന് വേണ്ടിട്ടാ അത് നമ്മുടെ വേദാന്തം നമ്മൾ പഠിപ്പിച്ചത് വേദാന്തേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ജീവ്ലേഷൻ ആയത് ബ്രഹ്മസ് എ സ്റ്റേറ്റ്മെന്റ് നോട്ട് അൻ എക്സ്പ്ലനേഷൻ അതായത് അതൊരു കൺവെൻഷൻ എന്ന് പറയുന്നതും ഉണ്ട് ഈ പറഞ്ഞത് ശരിയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ഇവിടെ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ എന്താണ് അജ്ഞാന സംശയ വിപരീയം ഇല്ലാത്ത ഇല്ലാത്ത അങ്ങനെ പഠിച്ചിട്ടില്ലേ അതാണ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഇതിന്റെ ആവശ്യം ഈ പറയുന്ന അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്ന ക്ലെയിമിന്റെ ആവശ്യം ഏത് വിഷയത്തെ സംബന്ധിച്ചിട്ടും നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവില്ലായ്മ മാറ്റാം ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തികൾ വിപരീത ജ്ഞാനങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങളും മാറ്റാം അങ്ങനെയുള്ള ജ്ഞാനം അതിനാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നു അങ്ങനെ ഒരു വ്യാഖ്യാനുണ്ട് അപ്പൊ ഇതുവരെ പോകേണ്ട കാര്യമുണ്ട് ഏതുവരെ അഖണ്ഡ സാക്ഷാത്കാരം വരെ പോകേണ്ട കാര്യമുണ്ട് അജ്ഞാന സംശയവിപേയം ഇല്ലാത്ത ജ്ഞാനം എന്ന് പറഞ്ഞാല് ഓക്കെ അത് മതി അത്രയും ഫിറ്റാവും അതാണ് ബ്രഹ്മജ്ഞാനം അതാണ് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ഓർമ്മ ഒന്നില്ലെന്നുള്ളത് അല്ലേ മറന്നുപോയി അരണ്യുടെ ബുദ്ധിയാ ടെ സമയത്ത് മറന്നു അരണ അരണയുണ്ടോ അത് ഓടി വരും നമ്മളെ കടിക്കാൻ അടുത്ത് വരുമ്പോൾ മറന്നു വ്യക്തിഗതം അപ്പൊ ഒരു വ്യക്തിയുടെ ഞാൻ ആരാണോ വേദാന്തമൊക്കെ ഇങ്ങനെ ശ്രവിക്കാത്തതൊക്കെ ചെയ്യുന്നത് ആ വ്യക്തിക്ക് അയാളുടെ അജ്ഞാനം മാറുന്നു സംശയം മാറുന്നു വിപരീതം വിവരീയം മാറിയിട്ട് അയാൾക്ക് ഞാൻ ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം ഉണ്ടാവുന്നു ഞാൻ ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനത്തിലാണ് അജ്ഞാനം സംശയ വിപരീതം മാറിയിട്ട് ഞാനുണ്ടാവും ഇത് എങ്ങനെ വൃത്തിയല്ല അജ്ഞാനം സംശയം വിപരീതം എന്ന് പറയുന്നത് മൂന്ന് ദോഷങ്ങളാണ് <kullan Armenies> <sas> no ീ ദോഷങ്ങൾ ഒരു ജ്ഞാനത്തിൽ നിന്ന് മാറിയാ വളരെ സിമ്പിളായി മനസ്സിലാവും ഇതെന്താണ് ഇത് അജ്ഞാന സംശയം വിപരിയം മാറി ജ്ഞാനമാണ് കാരണം ഇത് എന്താണ് കപ്പിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ എനിക്കില്ല അജ്ഞാനം മാറി കപ്പിനെ കണ്ടിട്ട് എനിക്കിത് പ്ലേറ്റാണെന്നുള്ള അറിവില്ല വിപരിയം മാറി ഇത് കപ്പാണോ എന്നുള്ള സംശയം എനിക്കില്ല അപ്പൊ അപ്പൊ ഇത് ഇത് കപ്പാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതുപോലെ ഇതാണ് അജ്ഞാന സംശയവിപര്യം അതിന് ഉദാഹരണം കിട്ടും അഖണ്ഡ സാക്ഷാത്കാരത്തിന് ഉദാഹരണം കിട്ടത്തില്ല ഇതിന് ഉദാഹരണം കിട്ടും എങ്ങനെ അജ്ഞാന സംശയ വിവരീയം മാറി അറി അതിന് നമുക്ക് ഉദാഹരണം കിട്ടും ഇതേന്ന് ഉദാഹരണം ഇത് കപ്പെന്നുള്ള ഇതുപോലെ ഞാൻ ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം അതില് അജ്ഞാന സംശയ വിവരിയം മാറിക്കഴിഞ്ഞാൽ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഒരു ഡെഫിനേഷൻ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു കടുത്ത ചോദ്യം ഞാൻ പറഞ്ഞ അമൂർത്തൊന്നും ആമൂ എന്ന് പറഞ്ഞില്ല അമൂ അമൂർത്തോന്ന് പറഞ്ഞില്ല മൂത്രമൊന്നും പറഞ്ഞു അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞു അപ്പൊ ഈ രണ്ട് അദ്വൈതത്തിലെ ഈ രണ്ട് വഴികൾ പഴയകാലം മൂലം പറഞ്ഞു വരുന്ന ചില അദ്വൈതികൾക്ക് നിർബന്ധമാണ് എന്താണ് അകണ്ട എന്നുള്ളത് ചിലർക്ക് നിർബന്ധമാണ് അതിന്റെ ആവശ്യമില്ല അജ്ഞാന സംശയം അവൻ ബ്രഹ്മജ്ഞാനിയായിരുന്നു രണ്ടു കൂട്ടരും ആണെന്നാണ് പറയുന്നത് രണ്ടു കൂട്ടർ സംതൃപ്തരാണ് ഗുരുദേവൻ ഈ രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സംശയ നിർദ്ദിഷ്ട എന്ന് പറയുന്നത് ആ ഒരു പ്രക്രിയയും പറയുന്നുണ്ട് ഒരു പതിനായിരം ആതിഥേരൊന്നായി വരും അതുപോലെ വരും വിവേക അത് സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു രണ്ട് പ്രക്രിയയും പറയുന്നുണ്ട് ഓ മനസ്സിലായോ ഇപ്പൊ ഇതുവരെ ഒന്നും കത്തിയില്ലേ കാണും